അളവറ്റ അരുളാളനും നികരറ്റ അൻപടയോനും അല്ലാഹുവരൽ എവാര്യ നിരാകരിത്തും അല്ലാഹുവ മനുതും കൊണ്ടിരുന്നോ അവലുകളെ അല്ലാ പയനില്ലാമാക്കി വിട്ടാൽ ഇവർ നമ്പികർമ്മങ്ങൾ ചെയ്തു മുഹമ്മദിനി അരുളപ്പെട്ട വേദത്തിൻ മീത് ഇത് അവർ വന്നുള്ള ഉന്മയായി നമ്പിക കൊല്ലോ അവട്ടും പോക്കി അവ നിലയു സീരാക്ക് ഇത് ഏനകരിപ്പോർ അസത്യത്തെ നിശ്ചയമാൻപിക്കൊണ്ടവോ നിശ്ചയമാപ്പിടം ഇരുന്ന് വന്നുള്ളതെയേ ഉറദിയാ പറ്റി ഇവറെ മനുഷ്യ അല്ലാ അവ നിലമയ ഉപമാനങ്ങളാണ് വലിന്ന് ഉണ്ടോടൻ പോരിടവ് നിരാകരിപ്പവെങ്കിൽ പോരീതി സന്ദിപ്പീകളായ അവർ കഴുത്ത് വിട്ടുണ്ടോ കടും പോർ ചെയ്തു അവട്ടാൽ അവലപ്പടുത്തി വിടുങ്ങൾ അതുകൊണ്ട് യാതൊരു ഈ പെട്ടോ അല്ലെങ്കിൽ ഈപകാരമാവോ അവ പോർ പകൈവു തങ്ങൾ ആയുരങ്ങളെ കീഴേ വയ്ക്കും വരെയും ഇവർ ചെയ്യുങ്ങൾ ഇത് ഇറൈ കട്ടളയാകും അല്ലാഹ് നാടിയാൽ പോർ ഇൻ അവനേ അവം പഴിവാങ്ങിയെടുപ്പാൻ ആയിനും പോരൻ മൂലം അവൻ ഉങ്ങളിൽ ചിലരെ സിലരെ കൊണ്ട് സോദിക്കുന്ന ആകെ അല്ലാഹു പാതയിൽ യാ കൊല്ലപ്പെടുക അവലുകളെ അവൻ പയനെട്ട് പോകുമാറു ചെയ്യമാട്ടു അവൻ അവർവഴിയാൻ ഇന്നും അവരുടെ നിലമയത്തിവൻ അവർഗത്തിൽ അവശിക്കൊണ്ടവേ അല്ലാഹുക്ക് ഉദവിസെയ്താൽ അവൻ ഉണ്ടുപി പാടങ്ങളെയും ഉറിയാക്കി വെപ്പാൻ അഞ്ചെയും എവർ നിരാകരിക്കുന്നോ അവൻ അവല പയനും ആക്കിവിടുവ ഏന അല്ലാ ഇറക്കിയ വേദത്തെ സിട്ട് അവർ വരുത്താൻ ആകെ അവലുകളവയ ആക്കിവിട്ട അവൾ ഭൂമിയെ പ്രയാണം ചെയ്തു ഇവർക്ക് മുൻ ഇരുന്നവുകള പാർക്കില്ല അല്ലാഹ് അവട്ടാ നിരാകരിപ്പവുമായി ഇവപോണ്ട മുടി ഉണ്ട് ഇത് ഏന അല്ലാ നമ്പിക്കൊണ്ടവരിപ്പവർക്കു പാതുവലർ എവരും ഇല്ല എന്നാലേ യം നിശ്ചയ ഈമു കൊണ്ട് സാലികാ നല്ല അമലുകൾ അവർഗങ്ങളിൽ പ്രവേശിക്കും അവറ്റിന് കീഴേ ആറ് ഓടിക്കൊണ്ടിരിക്കും ആണോ നിരാകരിപ്പവോ ഇവങ്ങളെ അനുഭവിത്തക്കൊണ്ടും മൃഗങ്ങൾ തീണി എന്നോ തൊണ്ടും നരകനെടുപ്പേ ഇവർ തങ്കും ഇടക്കും ഉമ്മ വിട്ട് ഉമ്മ വെളിയേറ്റിയവളെ വിട എോ ഊരുകൾ മിക്ക ബലമുടയായി അവർ പാവത്തിൻ്റെ കാരണമാാം അഴിച്ച് വിട്ടോ ആകെ അവർക്ക് ഉദവി ചെയ്തും ഇവനും തെളിവാന പാതയിൽ അവർ എവനുടേതായലി തീമുക്ക് അഴകാ കാണിക്കപ്പെട്ടുള്ളതോ ഇന്നും ഇവർ തൻ മനോ ഇച്ചോ അത് ഒപ്പാവറ ഭയഭക്തി ഉടയവർക്ക് വാക്കിക്കപ്പെട്ടുള്ള സ്വത്തിൽ ഉദാരണമാവത് അതിൽ മാറാതെ തെളിഞ്ഞീനെ കൊണ്ട ആറുകളും തൻ സുവറാ പാലാറുകളും അരുന്ന് ഓരുക്ക് ഇൻപമളിക്ക് മത് രസ ആറുകളും തേനാറുകളും ഇരുക്കുന്ന അവ എല്ലാവിധമായ കണി വകും തങ്ങൾ ഇളവനും മന്നിപ്പും ഉണ്ട് ഇത്തയോർ നരകത്തിൽ എന്തെങ്കിലുമേ തങ്ങിയ കൊതിക്കും നീർ പുട്ടപ്പെട്ട് അതാൽ കുടലുകളെല്ലാം തുണ്ട് തുണ്ടായി വിടുമോ അവനുക്ക് ഒപ്പാവാരാ ഇന്നും അവർ ഉം മടുപ്പവുകളും ആനാ അവൾ ഉമ്മവിട്ട് വെളിയേറിയതും എവർക്ക് വേദ ഞാനം അരുളപ്പെട്ടതോ അവരെ പാർട്ട് അവർ സറ്റുമും എന്ന പരിഹാസമാരും ഇലയങ്ങളിൽ മീത് അല്ലാ മുത്തിരയിട്ട് വിട്ടു ഇവർ തങ്ങൾ മനോ ഇച്ഛകളെയേ പിൻപ്കൾ നേർവഴിയും അവരുടെ നേർവഴിയെ ഇന്നും അധിക അവ ഇവൻ അളിക്കുന്നവർ തങ്ങളോടാ തീർപ്പുക്ക് ഉറിയ വേള വരുവായി അവ നൂട്ടും നല്ല ഉപദേശം എനിക്കും അല്ലാതെ തവണ വേറെ നായൻ ഇല്ലേ എന്ന് അറിഞ്ഞുകൊള്ളവീരാണ് ഇന്നും ഉമ്മയ പാവത്തിനാണ് ആണുക്കാൻ പെൺകുക്കവും പാവമ മന്നിപ്പ് തേടുവീരാണ് അന്നെയും ഉണ്ടോടിയ നടമാട്ടും ഉള്ള തങ്കുമിടങ്ങളെയും അല്ലാ നനും ഈമാൻ കൊണ്ടവർ കൂടുതലും പുനീത പോർ പറ്റി ഏൻ ഓർ അത്യായം ഇറക്കി വയ്ക്കാൻ ആണോ ഉറവി വായ്ന്ന ഓർ അത്യായം ഇറക്കപ്പെട്ട് അതിൽ പോർ പുറിയുമാറു പ്രസ്താപിക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നയ വഞ്ചക നോയ്ക്കാരോ അവർ മരണത്തിനാൽ തനക്ക് മയക്കം ഏർപ്പെട്ടവൻ നോക്കുവത് പോലെ ഉമ്മ നോക്കുവീർ താണ്ടീ ആകെ അയരഞ്ചകൾക്ക് കേടുതാ ആകേ ഇറവുക്ക് വഴിപെട്ട് നടപ്പതും നന്മയാണ് ഒരു കാര്യം ഉറവിയായി വിട്ടാൽ അല്ലാഹുക്ക് അവർ ഉടന്നുകൊണ്ടാൽ അതുവേ അവ നന്മയായി പോരാ പിന്മാൻ ൂമിയ കുഴപ്പം ഉണ്ടാക്കി ഉൾപ്പെട്ട് അവർ കലങ്ക ഉറവാടുവിലിന്നും തുണ്ടിച്ച് വിടവും മുൻവീകളോ ഇത്തോരെ താ അല്ലാ സവി ഇവർക്കി ഇവർ പാർവുകളും കുരുടാക്കി വിട്ടാൽ മേലും അവർ ഇന്ന ആണെ ആരായ പാർക്ക വേണ്ടാമ അല്ലയങ്ങൾക്കേ അവയു േർവഴി ഇന്നതെന്റ് അവളുകൾ തൂപ്പിക്കൊണ്ട് പോകുന്നോ അവറാണെ എണ്ണങ്ങളെയും അവർക്ക് തെരുക്കി വിട്ടാണ് ഇത് ഏന അവർ എതെ അല്ലാ ഇറക്കി വയ്ക്കുന്നോ അതെ വെറുപ്പവുകള കാര്യങ്ങളിൽ ഉണ്ടേ പിൻപറ്റി നടപ്പോം യാം ആണോ അല്ലാ അവ മുഖങ്ങളിലും അവതുകളിലും അടിച്ച് ഉയർന്ന കൈപ്പറ്റും മലക്കുകൾ അവർ മരണമടയോ അവനു നിശ്ചയമാവർ അല്ലാഹുക്ക് കോപമൂട്ടുവേ പിൻപറ്റ അവപ്താണ് അവർകളെ അവൻ പയനില്ലാതയ ആക്കിവിട്ടു അല്ലെ ൃദയങ്ങളിൽ വഞ്ചക നോയ്ക്കോ അവ അല്ലാതെ അവർ അവൾവീർ നിശ്ചയമാളിനേ കൊണ്ടും അവർ അറിഞ്ഞകൊള്ളവീർ അല്ലാഹ് ഉൾകളെ നനു അറിക അല്ലാഹുവരി അറിയും വരെ ഉണ്ടെങ്കിൽ നാം സോദിപ്പോ അവയ നിരാകരിപ്പവർ പല്ലാഹുവൻ പാതയെ വിട്ടു തടുത്തും നേർവഴി തങ്ങൾക്ക് തെളിവാന പക്ഷേ നം തൂതായി എതിർത്ത് മുരണികൾ അല്ലാഹുക്ക് എവിധ ഇടർപാടും അധിക അവൻ പയനത്തവയാക്കിയും വിടുവാന് ഈമാൻ കൊണ്ടവുകളേ അല്ലാഹുക്ക് വഴിപെടുങ്ങൾ ഇന്നും ഇത്തൂതും വഴിപെടുങ്ങൾ ഉള്ള പാഴാക്കി വിടാ നിരാകരി മക്കളെ അല്ലാഹുവൻ പാതയെ വിട്ട് തടുത്ത കൊണ്ടും പിന്നെ നിരാകരിപ്പവിലേ ഇറന്നും വിടുക ഇത്തവണ അന്നിക്കേ പോരും തളർച്ച അടിച്ച ധൈര്യം ഇടന്ന് സമാധാനത്തെ പോരാടീഴ് ഏനാൽതാം അല്ലാ ഉടനെയേ ഇരുക്കും അവൻ ഉൾപ്പെും കുറച്ച് വിടമാല വീൺ വിളയാട്ട് ഭയ ഭക്തി ഉടയവുകളായിരുന്ന അവൻ ഉടന കൂലികളെ ഉളിപ്പാർ അതെ അവൻ കേന്ദ്രം അവരെ കേട്ട് വർത്തിനാലും പറ്റി പാസം പോ കിടക്കൈകളെയും അവൻ വെളിപ്പെടുത്തി വിടുവാണ് അറിഞ്ഞകൊളക അല്ലാഹവൻ പാതയിൽ സെലവ് ചെയ്യുമാറുമായി അഴൈക്കപ്പെടും കൂട്ടത്തിനർ ആണോ ഉള്ളിൽ കഞ്ചത്തനം ഉടയോരും ആണോ എവൻ കഞ്ചത്തനം ചെയ്യാനോ അവൻ തൻ ആത്മാവുക്കേ കഞ്ചത്തനം ചെയ്യാൻ അല്ലാ എവിധ തേവയും അറ്റവൻ യവായി സത്യത്തെ പുറക്കണിപ്പീകളായ ഉന്നല്ലാതെ വേറെ ഒരു സമൂഹത്താറെ അവൻ ബതിലാ കൊണ്ടുവരുവാണ് പിന്ന ഉപോ അവർ എടുക്ക മാറ്റി